സത്യവിശ്വാസികളെ സ്ത്രീകളെ നിർബന്ധപൂർവം അനന്തരാവകാശമായി സ്വീകരിക്കൽ നിങ്ങൾക്കനുവദനീയമല്ല നിങ്ങൾ അവർക്ക് നൽകിയതിൽ ചിലത് തിരിച്ചുപിടിക്കുന്നതിനായി അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അവർ പ്രത്യക്ഷമായ ഏതെങ്കിലും ദുർവൃത്തി ചെയ്താലല്ലാതെ അവരോട് മാന്യമായി സഹവർത്തിക്കുക നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുന്നുണ്ടാകാം എന്നാൽ അള്ളാഹുസ്ബഹാനഹൂവറ്റായാലാ അതിൽ വലിയ നന്മയുണ്ടാക്കിയേക്കാം